അള്ളാഹു സുബഹാനഹുവറ്റ ആല ഇസ്ലാമിനായി ഹൃദയം തുറന്നുകൊടുത്തവനാണോ അവൻ തന്റെ രക്ഷിതാവിൽ നിന്നുള്ള പ്രകാശത്തിലാണ് അള്ളാഹുസുബഹാനഹുവറ്റ ആലായുടെ സ്മരണ കേൾക്കുമ്പോൾ ഹൃദയങ്ങൾ കഠിനമായവർക്ക് നാശം അവർ വ്യക്തമായ വഴിപിഴവിലാണ്